ൂരി മതിഷ്യേതാമർ തോ ദുഖത്തു സൂരാണി സഞ്ചേതു കഥമയം വാർത്ത ശണമൊപ്പം സ്ഥലം ശക് അസ്മത്സാത്രി അതിഥ്യം യുദ്ധ തവ സാമർ ദൂരാണവാസ്യവാദവന്മനിഷ്യുന്നത് തവ ശക്തരാഷ്ട്ര തധിക ദുഃഖം കിം തമ്മ അവാച്യവണമരണമേഖ്യസി സൂര്യന്മാരായ നമ്മുടെ മുമ്പിൽ അയം പാർട്ട കഥം ക്ഷണമിൽ സ്ഥാപനം ശക്തിയാണ് ഒരു ക്ഷണമെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് ഗൗരവന്മാർ വിചാരിക്കുന്നു പണവാസി വോ അതിഷും അവര് സ്വയം വിചാരിക്കുകയാണ് ഞങ്ങളൊക്കെ ശൂരന്മാരാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു ക്ഷണം പോലും വാർത്ത നോക്കാൻ കഴിയത്തില്ല എന്നവര് ചിന്തിക്കും ഇപ്പൊ പിന്തിരിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് അസ്മത് സന്നിധാനം അത്യ സാമൃത്ഥ്യം മുമ്പിൽ ഇതൊരു സാമൃത്ഥ്യമാണ് മറ്റുള്ളവരുടെ മുമ്പിലാണ് സാമർഥ്യമൊക്കെ കാണിക്കുന്നത് പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ശിവരന്മാരായ നമ്മുടെ മുമ്പിൽ പറ്റില്ല അസ്മത് സന്നിധാന മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇതിന് വലിയ പരാക്രമശാലിയാണ് ഇത് അവസാമർഥ്യം നിന്നാണ് ഇങ്ങനെ നിന്റെ സാമർഥ്യത്തെ നിന്ദിക്കുന്നതായ പരപക്ഷത്തുള്ള ശൂര്യന്മാരെ അവാചവാദാം സബുന്മദിഷി പറയാൻ പാടില്ലാത്ത പലതും പറയും അവിടെ ശൂരാണ അവാസ്യവാദാം അങ്ങനെ അന്വേഷിക്കാം സൂര്യന്മാരെ കുറിച്ച് എന്താണോ പറയാൻ പാടില്ലാത്തത് അത് നിന്നെക്കുറിച്ച് പറയും അങ്ങനെ അന്വേഷിച്ചത് ശൂരാൻപ്രതിയ നമ്മുടെ ശൂരാണ അവൂര്യന്മാരെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് നിന്നെ കുറിച്ച് പറഞ്ഞു ശത്രു ധാരതരാഷ്ട്ര നിന്റെ ശത്രുക്കളായ ആധരിതരാഷ്ട്രപക്ഷത്ത് നിൽക്കുന്ന ഒരു കൗരവൻ അവരുടെ പക്ഷത്തുള്ളത് അത് അധികരം ദുഃഖം ഹിന്ദുപത് കാണും ദുഃഖം എന്താണ് സത്രുക്കളെ വിക്ഷേപിക്കുക ശ്രവണാന് മരണമേ ഇങ്ങനെ അവാച്യ ശ്രവണം കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരുക മറ്റുള്ളവരെ കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയേണ്ടിയിരിക്കുക കേൾക്കുക ഇതിനെക്കാളും മരണമാണ് മരിക്കുന്നതാണ് നീ പോയിച്ചാ എന്നാണ് ഇപ്പൊ മേവോ മനസ്സിൽ നിനക്കെന്ന് അറിയാവുന്നു അതേന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ അവര് ബന്ധിക്കുന്നതിലും നല്ലത് മരണം തവരിക്കുക എന്നുള്ളതാണ് നിനക്കറിയാവുന്ന അതുകൊണ്ട് പറയുന്നതിന് ചിലപ്പോൾ എന്താണ് നീ ഇപ്പം പിന്തിരിഞ്ഞു പോയാലും നീ ദുഃഖിച്ചു ഈ അതിനും ഭേദം എന്താണ് യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ദുഃഖ്യഹിക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് മരിക്കേണ്ടി വരും ശത്രുക്കളുടെ നിന്ദ നിനക്ക് സഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും പിന്തിരിയുന്ന അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു അതിന് യുദ്ധത്തിന് എന്തൊക്കെ പ്രേരണ കൊടുക്കാമോ അതെല്ലാം പറഞ്ഞ് പ്രേരിപ്പിക്കുക ഇവിടെ ശരിക്കും യുദ്ധത്തിലുള്ള ഒരു പ്രേരണയാണ് അല്ലാതെ ശങ്കരാചാര്യ വ്യാഖ്യാപിച്ചതുപോലെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നില്ല യുദ്ധത്തിനുള്ള ചെ ചില തടസ്സങ്ങൾ മാറ്റുന്നതാണ് വാസൗതി അതെല്ലാം ഇവിടെ ഈ പറയുന്ന മുഴുവൻ പ്രേരണയാണ് ചെയ്യും അല്ലെങ്കിൽ മരിക്കും സാധനങ്ങൾ പറയാനുള്ള ചാകട നിനക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ പറയുന്നു അപ്പം അത് പ്രേരണയാണ് ആ പ്രേരണ കൊണ്ട് തടസ്സങ്ങളും മാറും അത് ശരിയാണ് നമ്മൾ ശക്തമായി ഒരാൾ പ്രേരിപ്പിക്കുമ്പം സ്വയം ആ പ്രേരണയുടെ ഫലമായി തടസ്സങ്ങൾ മാറുകയോ മാറ്റുകയോ ചെയ്തു അപ്പൊ തടസ്സങ്ങൾ മാറ്റുന്നു എന്നുള്ളതുകൊണ്ട് അത് പ്രേരണ അല്ല എന്ന് പറയാൻ പറ്റും പ്രേരണയനുസരിച്ച് തടസ്സങ്ങൾ മാറ്റും അല്ല പ്രേരിപ്പിക്കാതെ ഇങ്ങനെ തടസ്സം മാറും അതുകൊണ്ട് യുദ്ധക്കുറ്റം എന്ന് പറയുന്നത് ഭഗവാന്റെ പേരിൽ വരാതിരിക്കാൻ വേണ്ടി ഭഗവാന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രേരണയില്ല തടസ്സം മാറ്റുന്നു പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ അർജുനം പിന്നീട് ചോദിക്കുന്നുണ്ട് േ ഇത്രയും ഘോരമായ കർമ്മത്തിൽ കേശവാമിന് കൊണ്ട് എന്തിനാണ് ചെയ്യിക്കുന്നത് എന്തിനെ പ്രേരിപ്പിക്കുന്നു അർജുനന്റെ ചോദ്യത്തിന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അതിന് അർജുനന് ഒരു വിധ സമാധാനം വന്ന വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തപ്പോഴാണ് അങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്തിയാണ് അർജുനന് ഒരുവിധം അത് ആ അർജുനന്റെ ആ സംശയവുമായി എന്തിനും പ്രേരിപ്പിക്കുന്നു നമ്മൾ ഇവിടെ പ്രേരണയില്ല എന്ന് പറയാൻ പറ്റും അതിവിടെ വളരെ സ്പഷ്ടമാണ് ശങ്കരായ വ്യാഖ്യാനം ശരി പിന്നെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് രാമാനുജാചാര്യർ പറയുന്നുണ്ട് സാമാനുചാചര് പറയുന്നത് പ്രേരിപ്പിക്കുന്നതന്നെയാണ് യുദ്ധത്തിന് നിയോഗിക്കുന്നത് പക്ഷെ അതിന് ദോഷമൊന്നുമില്ല കാരണം ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് സ്വധർമ്മം എന്ന് പറഞ്ഞാലും പോരാ ക്ഷത്രിയന്റെ നിത്യകർമ്മമാണ് അതുകൊണ്ട് നിത്യകർമ്മം ഒരാളെ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല അപ്പൊ നിത്യകർമ്മം ചെയ്യുന്നതിന് ഒരാൾ പ്രയത്നിക്കുന്നു അനന്ത രാമാനുചാരിയുടെ നിലപാട് അതിനെക്കുറിച്ചുകൂടെ ആർജമാണ് ആ നിലപാട് അത് ശൂരസ്യ ആത്മന പരേഷണം ആത്മനോകം പരേ കരണം ഉഭയമനുശ്രേയസ്യോഗ അതുകൊണ്ട് ശൂര്യനായ ആത്മനാ പരേഷൻ താൻ മറ്റുള്ളവരെ കൊല്ലുക അല്ലെങ്കിൽ ആത്മനോഭാ പരേ മറ്റുള്ളവർ തന്നെ കൊല്ലുക ഉഭയവും രണ്ടും ശ്രേയസ് രണ്ടും ശ്രേയസ് ശ്രേയസ്ന് കൊടുക്കുന്നു താൻ ആരെങ്കിലും കൊന്നാലും തന്നെ ആരെങ്കിലും കൊന്നാലും രണ്ടും ശ്രേയസ്സിന് ഉപകരിക്കുന്നു അപ്പോ തന്നെ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ അത് കോട്ട താൻ മറ്റൊരാളെ കൊന്ന എങ്ങനെയാണ് ശ്രേയസിന് പോയിരിക്കുന്നു അതിങ്ങനെ പറയാൻ പറ്റും ഗീതി പറയുന്നു ഇവിടെ പറയുന്ന ആശയം അതാണ് മറ്റൊരാളെ കൊല്ലാൻ തനിക്ക് ശ്രേയസ്സൊക്കെ അതാണ് അടുത്ത് പറയുന്നത് ഹതോ പ്രാപ് ശ്രീയസ് ജിവാസ തസ്മാകോന് യുദ്ധാസേ ധർമ്മയുദ്ധേ പരേർഹദസ് തരമനിശ്രയ സമ്പാപുദ്ധത്തി പരീർഹത സ്ഥിരം മറ്റുള്ളവരും കൊന്നുകഴിഞ്ഞാൽ ഒരാള് കൊല്ലപ്പെട്ടാൽ തദൈവ പരമനിശ്രേയസം പരമമായ നിശ്രേസത്തെ അതുകൊണ്ട് പ്രാപിക്കാം പരമനിശ്രേയസംന്ന് മോക്ഷം ഇവിടെ രാമാനുരാചാര്യന് ഇതിന് പരമനിശ്രേയസം മോക്ഷം കേൾക്കാൻ ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നും യുദ്ധത്തിൽ ചേർത്ത് ടിയേറ്റ് മരിച്ചാൽ നമ്മളും പറയുന്ന എന്താണ് വീരസ്വർഗത്തെ പ്രാപിച്ചാണ് ഈ വീരസ്വർഗം പോലെ ഒരു സ്ഥലമാണ് പോട്ടെ രാമാനുചാരി സംബന്ധിച്ചിട്ട് ഇവിടെയല്ല പോണം പരലോകത്ത് പോണം ശ്രീമന്ത് നാരായണന്റെ സഞ്ചിയിൽ പോകും അപ്പൊ അതുകൊണ്ട് അത് നിശ്രേയസം എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും സ്വർഗത്തിൽ പോകുന്നാണല്ലോ പറയുന്നത് അപ്പൊ അത് എന്താണ് ശ്രീമന്ത് നാരായണന്റെ സന്നിധിയിലാണെങ്കിൽ അത് തന്നെ മോക്ഷം വേറെ അദ്വീതികൾ പറയുന്നതുപോലെ ഇവിടെ തന്നെ മോക്ഷം അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന എളുപ്പമാണ് രാമാനുജാകരെ സംബന്ധിച്ച് അതുകൊണ്ട് എന്താണ് യുദ്ധത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മോക്ഷമുണ്ട് പരമനിശ്ചയസമുണ്ട് അല്ലാതെ ഈ അദ്വീതകൾ പറയുന്ന പോലെ കേവല സ്വർഗമാണ് പരാന്മാഹത്വ അഖണ്ഡകം രാജ്യം പോയി പരന്മാരെ കൊന്നു കഴിഞ്ഞാലോ ശത്രുക്കൾ കൊന്നു കഴിഞ്ഞാലോ അകണ്ഡകം ശത്രുരഹിതമായ രാജ്യം പക്ഷേ രാജ്യം അനുഭവിക്കാം ശത്രുക്കളെല്ലാം കൊന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഭീഷ്മ ദ്രോണാദികളെയെല്ലാം കൊന്നുകഴിഞ്ഞാൽ നമുക്ക് രാജ്യസുഖങ്ങൾ എല്ലാം അനുഭവിക്കാം ഇതിപ്പോ പറയുന്നു ശരി മുമ്പോട്ടൊന്നും അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ കൊന്നിട്ട് രാജ്യസുഖം അനുഭവിക്കുന്നുണ്ട് പക്ഷെ സമാധാനമായിട്ട് ഒരുപാട് വേദനയോടുകൂടിയാണ് അതാണ് അവസാനം എല്ലാം വിട്ടിറങ്ങിയിട്ട് പോകുന്നു സമാധാനം കിട്ടുന്നു അപ്പൊ അതതിന്റെ വാസ്തവം അഖണ്ഡകം രാജ്യം പോഷയ സേ വളരെ ശക്തമായ ബ്രെയിൻ വാഷാണ് ഒല്ലോ നിനക്ക് മോക്ഷം കിട്ടും ചത്താലും മോക്ഷം കിട്ടും മോക്ഷമെന്ന് പറയുന്നത് പരിലോകം പ്രാപ്തിയാണ് ഇതാണെന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ആയുധം കൊണ്ടു നടക്കുന്നത് അപ്പോ ഇത് മദ്രസകളിൽ പഠിക്കുമ്പോൾ അത് പഠിപ്പിക്കുമ്പോ തെറ്റാണെങ്കിൽ അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണെങ്കിൽ വീതിയിലെഴുകി വെച്ചാലും അത് ദോഷം ചെയ്യുന്ന ഈ ഒരാശത്തെ യുദ്ധത്തെ കുറിച്ചല്ല പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ കുറിച്ചൊന്നും പറയണം നമ്മളെ രാജ്യത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തിനെതിരായി സംസാരിച്ചു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹം പിടിച്ചകത്തിടാം പറയാൻ പാടില്ല അവർ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ തന്നെ ഒരുപാട് പേരെ പിടിച്ചകർത്തിടുന്നുണ്ട് അങ്ങനെയുണ്ട് നിയമം അതാണ് നിയമവിരുദ്ധമായ കാര്യം നമ്മുടെ രാജ്യത്തിലിരിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങളനുസരിച്ച് നിയമവിരുദ്ധമായിട്ടൊന്നും പറയാൻ പാടില്ല രാജ്യദ്രോഹ കുറ്റമാണ് വാർ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ എമർജൻസി ഉള്ളത് എമർജൻസി വന്ന പിന്നെ പറയാനില്ല യുദ്ധത്തിനെതിരായി ആരെ സംസാരിച്ചാൽ അതുകൊണ്ട് നിങ്ങള് ഞാനീ പറയുമ്പോ ഇവിടെ നടക്കുന്ന യുദ്ധത്തിനെതിരാണെന്ന് പറഞ്ഞ എന്നെ ഒറ്റ കൊടുക്കരുത് ഞാൻ അകത്തായി ഞാൻ അതിനെ പറയുന്നത് ഗീതയുടെ കാര്യമാണെ ചിലപ്പോ എന്റെ ശം ഒഴിവാക്കാൻ വേണ്ടി അറിഞ്ഞൊന്നും ചെയ്തില്ല പക്ഷെ ഞാൻ പറയുന്ന നൂറ് തവണ പറയും ഞാൻ ഇപ്പൊ നടക്കുന്ന ഇതൊക്കെ കുറച്ച് അല്ല പറയും പറയുന്നില്ല രീതിയിലെ കാര്യമാണോ പറയും ആശ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ യുദ്ധകാര്യമന്ത്രി പരസ്യമായി അവരുടെ അസംബ്ലിയിൽ പറഞ്ഞു ഞങ്ങൾ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളർത്തിക്കൊണ്ടുവരുന്നത് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ മതത്തിന് വേണ്ടി രാജ്യത്തിനും മതത്തിനും വേണ്ടി വിശ്വാസത്തിനു വേണ്ടി അപ്പോ അങ്ങനെ ലോകം മുഴുവൻ മദ്രസകളിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക രാജ്യത്തിന് വേണ്ടി എന്ന് മാത്രമല്ല അത് മതത്തിന് വേണ്ടി കൂടെയാണ് അടിസ്ഥാനപരമായി ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണ് മരിച്ചാൽ സ്വർഗം കിട്ടും കൊന്നാലും സ്വർഗം കിട്ടും അവരെ സംബന്ധിച്ച സ്വർഗമാണ് മോഷം ഇവിടെ രാമാനുജാചാര്യം പറയുന്നതാണ് പരലോകത്ത് പോകുന്നതാണ് മോഷം നേരിട്ട് ഇത് മഹാഭാരതത്തിൽ നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച പറയുക ശാന്തിപൂർവം നോക്കുക മുഴുവനത് തന്നെ പറയും ഓരോ യുദ്ധത്തിന്റെ സന്ദർഭത്തിലും പറയും നിങ്ങൾ മരിക്കുക അല്ല ഇവിടെ ഗീത പറയുന്നതല്ല ഇതേ വരികൾ കഥോവാസ്പ്രിത്വവാഷം ഇത് ഞാൻ മഹാഭാരതി പലയിടത്തും കണ്ട് ഇതേ വരി അല്ല ഇവിടെ ഇത് ഇങ്ങനെ ഭഗവാൻ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ തള്ളിക്കേറ്റി കഴിഞ്ഞാൽ അവൻ മതത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലും അതാണ് സംഭവിക്കുന്നത് കുട്ടിക്കാലത്തെ പഠിപ്പിക്കുന്നു അത് വേറൊരു കാര്യമുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ കുട്ടികളെ എത്തി കുട്ടിക്കാലത്തെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് മുതിർന്നു വരുമ്പോൾ അതൊക്കെ മറന്നു ചെറിയ പ്രായം പോലെ അധ്യാപകരൊക്കെ സദുപദേശമാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു വളർന്നു വരുമ്പോൾ അതൊക്കെ മറന്നു പക്ഷെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്ന ചീത്ത കാര്യങ്ങൾ മരണം എന്നാലും മറക്കത്തില്ല ആ കൂട്ടുകാരെന്ന് കേട്ടാലും മറിയും സാർമാരൊന്നും പറഞ്ഞു തരത്തില്ലല്ലോ നാട്ടുകാരൻ നിന്ന് കേട്ടാൽ മതി അങ്ങനെ അതിനൊരു ശക്തിയുണ്ട് കൂടുതൽ ആകർഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ തീവ്രവാദികളെ നമ്മൾ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ വളർന്നു കഴിയുമ്പോൾ അവൻ മഷളായി പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ തീവ്ര ആശയങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞു അവൻ വളർന്നാൽ അങ്ങനെ തന്നെ അജ്മൽ കസബിനായ്ക്ക പോലെയുള്ളവരുണ്ടാകുന്ന അങ്ങനെ മതം പഠിപ്പിക്കുന്ന അവർക്ക് യാതൊരു പടിയും യാതൊരു ദുരോഹം ചെയ്യാത്ത നിരപരാധികളെ അപരാധിയോ നിരപരാധിയോ എന്നവർക്ക് പ്രശ്നമേ അല്ല കൊല്ലുക വിടിയ വെച്ചുകൊണ്ട് സ്വർഗം കിട്ടും ഇത് ഞങ്ങള് അങ്ങനെ മതത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്നുള്ളത് ഞാൻ ആദ്യം രണ്ടായിരത്തിന് മുമ്പാണ് ആദ്യമായിട്ട് അമർനാഥിൽ പോകുന്ന യാത്ര പറഞ്ഞിട്ടുണ്ടോ കാര്യം ശ്രീനഗറിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ശ്രീനഗറിൽ നിന്ന് അമർനാഥിലേക്ക് ആ യാത്ര ചെയ്യും ബസിലിങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിൽ ചെറിയ കുട്ടികൾ വരും ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾ ഉച്ചത്തിൽ അട്ടഹസിക്കാണ് ഞാൻ ആദ്യവസരത്തിൽ ഞാൻ വിചാരിച്ചു ഇവര് ബസ് കാണാതെ ബസ് കണ്ടുകൊണ്ട് നമ്മൾ നല്ല കുട്ടികൾ വേണം അതുപോലെ വേണം ഉണ്ടാക്കില്ല അപ്പൊ എന്റെ അടുത്തിരുന്ന സ്വാമിൻ്റെ കൂടെ ശ്രദ്ധിച്ച് നോക്കി എന്താ അവര് എന്താണ് ഇവര് ഹിന്ദുവിനെ ചീത്ത ഓടിക്കുകയാണ് ചെറിയ കുട്ടികൾ ഈ ജനങ്ങൾ അവിടെ പോകുന്നതാണ് അവരുടെ ജീവനമാണ് കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ കണ്ടാലൊരു ആണ് മുഴുവൻ അന്നും ഇന്നെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല മുഴുവൻ ജനങ്ങളും തരീത്തല്ല അവരുടെ ജീവിതമൊക്കെ വളരെ ശോചനീയമായ അവസ്ഥ വീടുകളൊക്കെ വളരെ മോശമാണ് അവഴിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ഒറ്റ വീട് കാണാൻ പറ്റില്ല അത്രയും ദരിദ്രരായി ഇപ്പോ ഈ വർഷത്തിൽ ഒരിക്കൽ നിൽക്കുന്ന ഈ തീർത്ഥാടനമാണ് അവർക്ക് അതാണെങ്കിലും അവർക്ക് അവരുടെ ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല മതമാണ് പ്രശ്നം അപ്പോ ആ മതം അവർ അവരെ പഠിപ്പിക്കുന്നത് എന്താണോ ഹിന്ദുക്കൾ അങ്ങോട്ട് വരുന്നു അത് അതാണ് ഇത് എന്താണോ ഞങ്ങളുടെ രാജ്യമാണ് ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് ഇവിടെ ഹിന്ദുക്കൾ കടന്നു പാടില്ല ഇത് കുട്ടികളെ പഠിപ്പിച്ച് അവരെ കൊണ്ട് ചീത്ത പിടിക്കുക ഭയപ്പെടുത്തുന്നതാണ് കുട്ടികളാകുമ്പോർക്കൊന്നും പറയാൻ ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കിടക്കുമ്പോൾ അവിടുത്തെ ഒരു മുൻ എം പി ഞങ്ങൾക്ക് ടൂറിസം വേണ്ട ഇങ്ങോട്ടാരും വേണ്ട ഇങ്ങോട്ടാരും വരണ്ട അതിന്റെ ആവശ്യമില്ല എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞങ്ങൾ കൂടെ നിലനിൽക്കേണ്ടത് കാശ്മീരിലെ നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ മതമാണ് നിലനിൽക്കേണ്ടത് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കൾച്ചർ ഞങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതാണ് അത് ഇത് വേണ്ടത് അതാണ് അവരുടെ നിലപാട് അത് നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവരുടെ വിശ്വാസമാണ് ദൃഢമായ വിശ്വാസം അവർ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് അതും ഒരു മനുഷ്യനെത്രമാത്രം നശിപ്പിക്കുക അധപ്പതിപ്പിക്കുക ചീത്തയാകാം മനുഷ്യനെങ്ങനെ മൃഗമാക്കാം എന്നുള്ള ഈ നീണ്ടത്തിൽ എടുത്തിട്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വലിയ നല്ലതാണെന്നുള്ള വലിയ അപകടങ്ങളുണ്ട് അപ്പൊ ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു രാജ്യത്തെ ജീവിക്കാൻ അവരാഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വലിയൊരു വിഭാഗം അങ്ങനെയാണ് അതേ ഒരു വിഭാഗം ഒന്നുള്ളതല്ല ശ്രീനഗറിലെ ഭൂരിപക്ഷം അങ്ങനെയാണ് അതുകൊണ്ട് അവര് സ്വയം ധരിക്കുന്ന എന്താണോ അവർ ഞങ്ങളുടെ പക്ഷത്താണ് തരുന്നത് അവരിതൊക്കെ ചെയ്യുന്നത് എന്താണ് അവരുടെ സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് അവർ കരുതുന്നത് അത് വ്യക്തമാണ് അവിടുത്തെ എലക്ഷൻ ജനങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണോ അത് പാകിസ്ഥാനാണോ അവിടുത്തെ ഇലക്ഷൻ വ്യക്തമാണ് രണ്ട് റിസൾട്ടാണ് ജമ്മുവിലും ഹിന്ദുക്കളാണ് ഉണ്ട് അവിടുത്തെ റിസൾട്ട് വേറെയാണ് ശ്രീനഗറില് മുസ്ലിങ്ങളേ ഉള്ളൂ റിസൾട്ട് വേറെയാണ് ഇനി പാകിസ്ഥാനിൽ പോയാൽ ദാരിദ്ര്യമാണ് കഷ്ടപ്പാട് അതൊന്നും അവർക്ക് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കും അതാണ് നല്ല വിചാരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും കഷ്ടപ്പെടുന്ന ഇത്രയും പണം ചെലവാക്കും വളരെ വളരെ പണം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിന്റെ ഭൂരിപക്ഷവും ചിലവാക്കുന്ന കാശ്മീരിലാണ് സേനയെ നിലനിർത്താൻ മറ്റു കാര്യങ്ങൾ അത് സുരക്ഷാ പ്രാധാന്യമാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പണം മുഴുവൻ ചെലവാക്കും അത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം കൊണ്ടല്ല യു എൻ വളരുന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഹിത പരിശോധന നടത്താം ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാകില്ല ശ്രീനഗറിൽ ഹിതപരിശോധന നടത്തി എന്നുവെച്ചാൽ വോട്ടെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പൈസ ഇതാണ് മതം പഠിപ്പിക്കുന്നത് മതത്തിന്റെ തീപ്രത ആ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇത് പറയുന്നത് എന്താണ് ഹതോവ പ്രാപ്തിച്ച സ്വർഗിത്വം ഇത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യങ്ങനെ ചിന്തിച്ചത് അവരുടെ മാത്രം കുറ്റമല്ല എല്ലാവരുടെയും ഇവിടെയുള്ളവരിന്ന് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ആശയമൊന്നും ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല പിന്നെ ഇത്തരം ആശയങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള അറിയാം എന്തായാലും പൊതുവെ ഇന്ത്യയുടെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഏഴിലേക്ക് പറയുന്ന പോലെ അത് സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ബ്രിട്ടണില് ഒരു ലോക സമാധാന സമ്മേളനം വിളിച്ചു നോക്കി നൂറ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതീതികൾ പങ്കെടുത്തത് അന്ന് മോട്ടോ മുദ്രാവാക്യം എന്ന് പറയുന്നവരാണ് അഹിംസ അഹിംസ എന്നുള്ള വാക്യത്തിന്റെ പറഞ്ഞ കാരണം എന്താണ് അത് ബുദ്ധന്റെ സന്ദേശമാണ് പിന്നെ നമ്മളെന്തെങ്കിലും പ്രയോജനം ഉണ്ടായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ലോകമഹായുദ്ധങ്ങൾ അതിനുശേഷം ഉണ്ടായിരുന്നു അപ്പൊ ലോകത്ത് യുദ്ധത്തിനെതിരായി സമാധാനത്തിലുള്ള ഒരുപാട് ശ്രമങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ യുദ്ധവും നടന്നു അന്നും നടന്ന് പിന്നീടും നടന്നു അണുവായുധയ്ക്കും പിന്നീട് ഉണ്ടായി ലക്ഷങ്ങളെങ്കിലും മനുഷ്യർ ബെന്തു മരിച്ചു മരിച്ചു വളരെ ഭീകരമായിരുന്നു തന്റെ ചില ഡോക്യുമെന്ററികളൊക്കെ ഇപ്പോഴും ഉണ്ട് അതുകഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി റസൽ ആൽബർട്ട് ഐൻസ്റ്റൈനും കൂടെ ചേർന്നു വലിയ പശ്ചാത്താപമുണ്ടായിരുന്നു താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചു രണ്ടുപേരും കൂടെ ചേർന്നു റസൽ ഐൻസ്റ്റീൻ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് ഒന്ന് പുറത്തിറങ്ങുക അണുവായുധ നിരാ നിരായുജീകരണം അണുവായുധങ്ങൾ ബഹിഷ്കരിക്കുക ഒഴിവാക്കുക എവിടെ വീണ്ടും എല്ലാവരും മത്സരത്തിൽ മത്സരത്തിൽ അണുവായുധങ്ങൾ കൂട്ടുകയാണ് അത് ലോക ഒരു ലോകത്തു നിന്നും മാറിയാൻ ഒരു രാജ്യത്തു മാറ്റാൻ പറ്റില്ല യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നും മാറ്റണം രാജ്യത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് യുദ്ധത്തിനെതിരായി ഇപ്പൊ പറയാൻ പറ്റാത്ത യുദ്ധത്തിനെതിരായി പറഞ്ഞാൽ ഇപ്പൊ രാജ്യത്തിനെതിരായി പറയുന്നായിരുന്നു കാരണം യുദ്ധം ഓരോ രാജ്യത്തെയും നല്ല മാറേണ്ട മനുഷ്യരിൽ ഒരു രാജ്യത്തിനായിട്ട് യുദ്ധം മാറ്റാൻ പറ്റില്ല ഹിന്ദു വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല ഭാവിസ്ഥാനം വിചാരിച്ചാലും മാറ്റില്ല മനുഷ്യരുടെ ഇടയിൽ നിന്നും യുദ്ധം മാറും അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ശ്രമിച്ചത് റസലിന്റെ ഇതിനിടയ്ക്ക് റസൽ പറഞ്ഞൊരു കാര്യം ഒന്നെന്താണ് യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിനെതിരായി വന്ന ആശയത്തെയാണ് പാസിഫിസം എന്റെ ഉൽക്കാലത്ത് പ്രസിദ്ധമായത് എന്നും അങ്ങനെ തന്നെ അറിയപ്പെടുന്നു അപ്പോ അത് ഒരു വലിയ ആദർശമാണ് പാസോകുദ്ധത്തിൽ നിന്ന് മോചിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നു ആരും ആഗ്രഹിക്കും പക്ഷെ അവിടെ തന്നെ എന്താണ് നമ്മള് റിയലിസ്റ്റിക് ആയിരിക്കും ഇപ്പോൾ സംഭവിക്കും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അത്രയ്ക്ക് വളർന്നിട്ടില്ല അപ്പൊ മറ്റതൊരു ആദർശമാണ് വേണ്ട വേണ്ട പക്ഷെ ഇന്നിപ്പോ യുദ്ധം വേണ്ട എന്ന് പറയാൻ പറ്റില്ല രാജ്യദ്രോഹമാകുന്ന അതുകൊണ്ടാണ് എന്തുകൊണ്ട് മനുഷ്യൻ റിയലിസ്റ്റിക്കൂടായി കാരണം അതിന് നിരവധി കാരണങ്ങളുണ്ട് അത് നടക്കുന്നതിന് രാഷ്ട്രീയമായ സാമ്പത്തികമായ പല പല കാരണങ്ങളുണ്ട് അപ്പോ ഏതെങ്കിലും ഒരു രണ്ട് രാജ്യങ്ങളിലുള്ള യുദ്ധം അതങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല മനുഷ്യനിൽ നിന്നേ മനുഷ്യ സമൂഹത്തിൽ നിന്നത് മാറ്റാതെ പറ്റും മനുഷ്യ സമൂഹത്തിൽ നിന്ന് അത് മാറുന്നത് വരെ അത് നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നിരന്തരം പാകിസ്ഥാൻ അതുമായ ഭീഷണി മുടക്കം ഒക്കെയാണ് ഇവര് ചെയ്യണമെന്നൊന്നുമില്ല ചെയ്തുകൂടാമെന്നില്ല കാരണം രോഷ്മയിലും നാഗസാക്കിയിലും അനുഭവം പെട്ടെന്ന് രണ്ടുപേര് രണ്ട് പൈലറ്റിനെ ഒരു മരണം വരെ ജീവിതത്തിലൊരിക്കുന്നവർക്ക് പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് മരണം വരെ അവര് പറഞ്ഞെന്താണ് ഞങ്ങൾ ചെയ്തത് ശരിക്കുകയാണ് ഇത്രയും ജനങ്ങളെ ഇങ്ങനെ നിഷ്കരണം കൊന്നത് ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്തുകൊണ്ടും അതാണ് ട്രെയിനിങ് അവരെ മനസ്സിനെ അതിനുവേണ്ടി സന്നദ്ധമാക്കുകയാണ് അപ്പോൾ ഒരിക്കലും അത് സന്നദ്ധമായി അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെപ്പോഴും അത് ശരിയെന്ന് തന്നെ ചിന്തിക്കും അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പൈലറ്റുമാരെ ഇന്നത്തെ കാലത്ത് ട്രെയിനിങ് അതിന് തയ്യാറാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യം കൊടുക്കാം എന്ന ഒരു തീരുമാനം മാത്രം മതി ഈ രാഷ്ട്രീയ എന്നാ പ്രയോഗിക്കുക പിന്നെ സംഭവിക്കുന്ന എന്തായാലും വെറും ആശങ്കയല്ല ഹോബിയല്ല ഞാൻ പറയുന്നു റിയലിസ്റ്റിക് ആയിട്ട് പറയണം അതിന്റെ സാധ്യതയുണ്ട് സാധ്യതയെ തലയാൻ പറ്റത്തില്ല കാരണം മനുഷ്യൻ ഈ പറയുന്ന പാസലിസം എന്ന് പറയുന്ന ആശയത്തിലെങ്കിൽ ഇതുവരെ മനുഷ്യൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ അക്രമവാസനയാണ് അതുകൊണ്ട് ഇതൊക്കെ കൈവിട്ട കളികളാണ് അതുകൊണ്ട് എന്താണ് അതൊരാശയമായി തന്നെ നിലനിൽക്കണം റിയലിസ്റ്റിക് ആവുമ്പോൾ നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല അത് മറ്റൊരു വശം എതിർക്കുന്നതും അസാധ്യമായിരിക്കും പിന്നെ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ സമൂഹത്തിന് ഇത്തരം ആശയങ്ങളെ തള്ളിക്കളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ആശയങ്ങളെ തള്ളിപ്പളി മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ടത് ഇനി അവനെ നശിപ്പിക്കുന്ന വൈറസുകളോടും ബാക്ടീരിയകളോടും ഒക്കെയാണെന്ന് അവനെ പഠിപ്പിക്കുക അതിനോട് ഇദ്ധം ചെയ്യും അപ്പോ മനുഷ്യന് പരിണാമം പറയുന്നതാണ് മനുഷ്യന് അവന്റെ അതിജീവനത്തിന് ഇനി മനുഷ്യനും മനുഷ്യനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഹോമിയോസാറ്റിൻസ് മുമ്പ് യുദ്ധം ചെയ്തിട്ടുണ്ട് മറ്റ് കുരങ്ങുവർഗങ്ങളുണ്ട് മറ്റ് ഹോമോ ജനസുകളൊന്നും ഇപ്പൊ ഇല്ല ഉണ്ടെങ്കിൽ അവരോട് ഇദ്ധം ചെയ്യേണ്ടി വരുന്നില്ല ഇപ്പൊ എന്നാണ് ഹോമോസാഫിയൻസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ മനുഷ്യനെ ഈ ഭൂലോകത്തിൽ അതിജീവിക്കുന്നതിന് പരസ്പരം യുദ്ധം ചെയ്യേണ്ട ആവശ്യം അതിജീവനമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ തത്വം പിന്നെ എന്തെങ്കിലും യുദ്ധം ചെയ്യണം അതാവശ്യമില്ലാത്ത കാര്യമാണ് അതിജീവനത്തിന് അത് ആവശ്യമാണെങ്കിൽ ഒന്നിനും ആവശ്യമില്ല സിംഹത്തിന് അതിജീവിക്കണമെങ്കിൽ മാനി പിടിച്ചു തന്നെ പറ്റും അവിടെ എന്തേവരും എപ്പോഴും ഒരു സംഘർഷം നടക്കും വനത്തിൽ അത്തരം പ്രാണിഹിംസയിലൂടെ മാത്രമേ ആ പ്രാണികൾ എല്ലാം അതിജീവിക്കാൻ പറ്റും മനുഷ്യനങ്ങനെ മനുഷ്യനെന്ന പ്രാണിയെ കൊല്ലേണ്ട ആവശ്യമില്ല മറ്റേത് ആവശ്യമാണ് ജീവനോ എന്നുള്ള തത്വം മനുഷ്യനെന്ന അതിജീവനത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലേണ്ട ആവശ്യമാണ് മറ്റു പ്രാണികളെ വേണമെങ്കിൽ കൊല്ലാം മത്സ്യങ്ങളെ പിടിച്ചെന്ത ചിക്കൻ കഴിക്കും ഇതൊക്കെ ചെയ്യാം പക്ഷെ മനുഷ്യനെ കൊല്ലേണ്ട കാര്യം ഇന്ന് ഇല്ലാതെ തന്നെ മനുഷ്യന് ആ ഒരു സാഹചര്യം ഈ ഭൂമണ്ഡലത്തിൽ ഭൂകോളത്തിൽ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചും മനുഷ്യനൊരു തിരിച്ചറിവില്ലാതെ മനുഷ്യൻ മനുഷ്യനെക്കൊന്നും പോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പറയുന്നത് ഇന്ന് കേവലം ഹ്യൂമനിസ്റ്റുകൾ മാത്രമല്ല പറയുന്നു നരവംശ്യശാസ്ത്രജ്ഞന്മാരും പറയുന്നു മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ തുടങ്ങിയാൽ അങ്ങനെ ഒരു പ്ലാനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യവംശത്തിന്റെ നാശമാണ് മനുഷ്യനെയും ഭൂമുഖത്ത് തുടച്ച് യുദ്ധപെറിയന്മാര് വാർക്കറിയും നടത്തുന്നവർ ഇതൊക്കെ അറിഞ്ഞിരിക്കും പറയുന്നത് ചിലപ്പോ പാറ്റുകൾ കൂടെ ശേഷിക്കണം അവർ പ്രധാന കാരണം നമ്മൾ പറയാം അത് മുക്കിക്കൂടെയല്ല ശ്വസിക്കുന്നു പല കാരണങ്ങളും അതുകൊണ്ടൊരു സാധ്യതയുള്ള പാറ്റുകൾക്കാണ് മനുഷ്യന് യാതൊരു പ്രതീക്ഷയില്ല അതായത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് ന്യായീകരിച്ച് മുമ്പോട്ട് പോയാൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ന്യായീകരിക്കണം ആ മനുഷ്യനെ കൊല്ലാം നമ്മൾ മനുഷ്യനെ കൊല്ലുന്ന ന്യായീകരിക്കുന്ന എന്താണ് അമൻ എന്റെ അയൽവാസി എന്റെ ശത്രുവാണോ അതുകൊണ്ട് അവരെ ഞാൻ കൊല്ലും അയൽവാസി ആയാൽ കൊല്ലത്തിന്റെ എന്റെ ഞാൻ കൊല്ലം അവനും പറയുന്നു എന്റെ അയൽവാസിന്റെ ശത്രുവാണ് രണ്ടു കൂട്ടരും എന്താ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ അയൽവാസിയെ കൊല്ലുന്നത് എന്റെ ധർമ്മമാണ് പറയുന്നത് അവൻ എന്ത് ശത്രുവാണ് ധർമ്മമാണ് ഇത്തരം ധർമ്മ ആശയങ്ങളൊക്കെ വെറും അറുപഴനും യൂസ്ലെസ്സുമാണ് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനേ കഴിഞ്ഞു മനുഷ്യന്റെ അതിജീവനത്തിന് എന്തെന്നും ആവശ്യമില്ല എന്നും മനുഷ്യനെ ബോധിപ്പിക്കുന്നു അപ്പൊ ഇത്തരം ആശയങ്ങൾ എന്താണോ ഒന്നാൽ സ്വർഗം കിട്ടും അതിനിടയിച്ചു പോയാൽ അതിനിടയിച്ചാവുമ്പോഴാണോ അല്ല വെറുതെ മരിച്ചാൽ സ്വർഗം കിട്ടത്തില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം മരിച്ചിട്ട് സ്വർഗ്ഗത്തോ എത്രയോ നല്ല കാര്യം മരിച്ചാൽ സ്വർഗം കിട്ടും ഇവിടെ അതല്ല പറയുന്നത് നീ ഒരുത്തന്നെ കൊല്ലാൻ പോകുമ്പോ നീ ചത്തുപോയാൽ അതിന് ഇടയ്ക്ക് ചെത്താ എന്നുവെച്ചാൽ അവൻ നിന്നെ കൊന്ന എന്നാലും ലാഭം എന്ന സ്വർഗം മോക്ഷം ഇവിടെ പറയുന്നത് പരമനിശ്രേയസം ഒന്നാണ് ഇത്രയും കാടുന്നൊരാശയം ഇന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നൊന്നാണ് ഞാൻ ആശയത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ റിയലിസ്റ്റിക്കായി തന്നെ ചിന്തിക്കുന്നുണ്ട് മറുവശം അതുകൊണ്ട് തന്നെ നിങ്ങൾ യുദ്ധ കുറ്റവാളിയാക്കരുത് മനസ്സിലായി രണ്ടു രണ്ടു കാര്യങ്ങളാണ് കാരണം നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് അപ്പൊ പൗരന്മാരെ തമ്മിലൊക്കെ എന്താണ് നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കണം ഈ രാജ്യത്തെ നിയമങ്ങളനുസരിക്കുന്നതാണ് നമ്മുടെ പ്രധാന തർക്കം എന്ന് കരുതുന്ന ആളാണ് ഞാൻ എന്ന് കരുതുന്നുവെച്ചാൽ അങ്ങനെ ഒരു അറിവുള്ള ആളാണ് ഞാൻ നിയമം ലംഘിക്കാതെ ഒരു തരത്തിലുണ്ട് അതിനുപരിയായ ധാർമ്മികത ഉണ്ട് അതിനെ കുറിച്ചും അറിയാം അതല്ല ഞാൻ ഇപ്പൊ പറയുന്നു അതിനുപരിയായ ധാർമ്മികത എന്ന് പറയും നമ്മുടെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടുന്ന ധാർമ്മികത നേർബുദ്ധിയുള്ളവരിൽ നിന്ന് മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടുന്നതെന്നൂടെ പറയും അല്ലെങ്കിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരർത്ഥമേ ഉള്ളൂ ഇതാണ് നിയമത്തെ അനുസരിച്ച് അപ്പോ നമ്മൾ ജനാധിപത്യ മര്യാദയനുസരിച്ച് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു അവർ രാജ്യം ഭരിക്കുന്നു അവർ തീരുമാനിക്കുന്നു യുദ്ധം വേണം എന്ന് പറഞ്ഞ് നമ്മൾക്ക് എതിർക്കാനുള്ള റൈറ്റ് ആർക്കും അതിനനുസരിക്കുക അതിനെ പിന്തുണയ്ക്കുക ഭരിക്കുന്നവർ പറയുന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇതാണ് ആവശ്യം യുദ്ധ റിയലിസ്റ്റിക് ആയിട്ട് ഒരാൾ യുദ്ധവിരുദ്ധനാക്കാൻ പറ്റുന്നു പക്ഷെ ആശയകരമായി പറയാം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചല്ല പറയും മനുഷ്യനും മനുഷ്യനും പോരാടുന്നതിനെ കുറിച്ചാണ് ഉള്ള രാജ്യങ്ങൾ തമ്മിലല്ല ഒരാതിര് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനെ കുറിച്ചാണ് അതിനെയാണ് അഹിംസ പരമോ ധർമ്മം എന്നൊക്കെ പറയുന്നത് അഹിംസയ്ക്ക് അങ്ങനെ മാത്രമേ അർത്ഥം ആകത്തുള്ളൂ ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കും അത് ഇന്ത്യയുടെ സന്ദേശമായിട്ടാണ് ലോകം എന്ന് അംഗീകരിക്കുന്നത് അതിന് കാരണക്കാരൻ ബുദ്ധിനാണ് അതുകൊണ്ട് ഈ ആശയം എനിക്ക് യോജിപ്പില്ല ഇനി വിതകന്ധങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കാൻ ആയുധം കൊടുക്കാം യുദ്ധം ചെയ്യാം ഞാൻ ആരുടെയും വിശ്വാസമൊക്കെ ചോദ്യം ചെയ്തില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാനെന്റെ അഭിപ്രായം പറഞ്ഞൊന്നുണ്ട് അവരോട് ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറല്ല മനസ്സിലായി പറഞ്ഞാൽ എനിക്കതുകൊണ്ടൊരു നേട്ടം ഉണ്ടാക്കാൻ അങ്ങനെ പിന്നെ എന്റെ അഭിപ്രായം കേൾ കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ള അഭിപ്രായം സത്യം നിങ്ങൾക്ക് ആയുധം കൊടുക്കുന്നോ ആരോഗ്യമുണ്ടോ എ കെ ഫോർട്ടി സെവൻ എടുത്തുകൊണ്ട് പോവുക ഇവിടെ ബോർഡറില് ആയി ചണ്ടയ്ക്ക് നമുക്ക് തിരിച്ചു വരുമ്പോ കാണാം അതിനൊന്നും ഞാൻ എതിര അതൊക്കെ അവരവരുടെ ഇഷ്ടം അങ്ങനെ പലരും പറയത്തുള്ളൂ വരുന്നതാണ് നടക്കുന്ന കാര്യമില്ല എന്തായാലും ആൾക്കാർ ബീം പഠിക്കും ഞാൻ പൊക്കളയും അവിടെ പോകും അത് ചെയ്ത് ആരെങ്കിലും തടയുന്നുണ്ടീ പോകണ്ടാകുന്നത് തടയുന്നുണ്ട് എന്നാലും ബീം പഠിക്കും അത്രയേ ഉള്ളൂ അത് മരിക്ക ിഷ്ടമില്ല മരിക്കുന്ന ആർക്കും ഇഷ്ടമില്ല യുദ്ധത്തിൽ മരിച്ച എന്റെ ബന്ധത്തിൽപ്പെട്ട മൂന്നാല് പേര് മിലിട്ടറിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തു ഒരാൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് മൂന്നു ദിവസമായിട്ട് അവരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല ഒരു വിവരവും എല്ലാ ദിവസവും ഫോണിൽ വിളിച്ച് ഭാര്യയോടും മക്കളോടും ഇപ്പോൾ സംസാരിക്കോണ്ടിപ്പോൾ വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു ഒരു വിവരവും എന്താണ് ഫോൺ ചെയ്യാൻ കഴിയുന്നു എന്താണ് ഇപ്പോൾ വീട്ടിൽ വലിയ വേദനയാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയാം വീരസ്വർഗം പോകി രക്തസാക്ഷിയായി വേണ്ടി വന്നി പെട്ടി കൊണ്ടുവരുമ്പം ഭാര്യയും മക്കളെയും കൊണ്ട് ഭാരതമാതാക്കി ചെയ്യുന്ന അവരിപ്പഴും എന്നൊക്കെ വിളിപ്പിക്കും പക്ഷെ ഇപ്പോഴും അവരുടെ വേവലാതി അവർക്കൊരു സമാധാനം ഇല്ല സ്വസ്ഥതയില്ല ഇണ്ട സംഭവം ആര് സഹിക്കത്തില്ല മനുഷ്യ മറ്റൊക്കെ പ്രകടനമാണ് പിന്നെ ഇന്ന് മനുഷ്യന്റെ ഒരു വിശ്വാസവും ബലവും എവിടെ ഉണ്ട് പണ്ടത്തെ പോലെ അല്ല പണ്ടത്തെ പോലെ ഭർത്താവ് എനിക്ക് ആ സ്ത്രീയിൽ നിന്നും പ്രാന്നും പഠിക്കുന്നു ജാത്തുമായ വേറെ തന്നെ കിട്ടാമെന്നില്ല അവര് ജീവിതം മുമ്പോട്ട് ഓട്ടം ലഭിക്കത്തെയുള്ള ഇന്നത്തെ അങ്ങനെ തള്ളുന്നു ഞാൻ ഞാൻ പറയണവർക്ക് വേവലാതും കഷ്ടപ്പാടുകളും അതുകൊണ്ട് ആശയപരമായി ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയില്ല റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം പ്രവർത്തിക്കണം ഇതാര് പറഞ്ഞാലും ബെറ്റർ റസൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് കാരണം കൂടെ ഇങ്ങനെ ഈ മാനിഫെസ്റ്റോക്ക് ഇറങ്ങിയിട്ട് റെസൽ ഇംഗ്ലണ്ടിന്റെ തെരുവിൽ ഇറങ്ങിയിട്ട് യുദ്ധം വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ അടുത്ത് രാഴിച്ച് പഞ്ചറാക്കലീസും ഒന്നും അപ്പഴാണ് മനസ്സിലായത് നമ്മള് റിയലിസ്റ്റിക് ആയിരിക്കും പാസ് വീസൊക്കെ നല്ലത് തന്നെയാണ് ലോകം എങ്ങനെയാണ് ജനങ്ങളൊരു ആവേശത്തിലാണ് അപ്പോ യുദ്ധ വെറി എന്ന് പറയും നോക്കാം അതങ്ങോട്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാണ് ഇത് ഒരു ലക്കില്ല കാരണം ഞാൻ ഈ മലയാളം ചാനലുകൾ നോക്കാത്ത എന്തൊക്കെ വ്യാജ വാർത്തകളടിച്ചുകൊണ്ട് ഒരു ലക്കില്ല ഗാനം എല്ലാം വ്യാജ വാർത്തകളാണ് ഇപ്പൊ പലരും അതിലായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നതും ശരിയായ വാർത്തകളാണ് എന്തിനാണ് അവർ ചെയ്യുന്നത് ജനങ്ങളുടെ തലയ്ക്കകത്ത് ഈ യുദ്ധ വെറി കയറിയിട്ടുള്ളത് അവർക്ക് ആവേശമാണ് ആവേശ കമ്മിറ്റിക്കാർക്കിന് കയറും എന്നിട്ട് റേറ്റിംഗ് കൂട്ടണം അതിന് മത്സരിക്കേണ്ട എല്ലാ ചാനലുകളും ഉണ്ട് പറയുന്ന മുഴുവൻ അബദ്ധമാണെന്ന് അവർക്കും അറിയാം എന്നാലും പ്രചരിപ്പിക്കുകയാണ് അവിടെ അടിച്ചു ഇവിടെ അടിച്ചു അവിടെ അറിയിച്ചു ഇത് സംഭവിച്ചു എന്താണ് ശരിക്കും നടക്കുന്നത് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രസ് കോൺഫറൻസ് നടത്തണം അവരിതൊന്നും പറയുന്നില്ല വളരെ മിതമായി സംസാരിക്കുന്നു. ആളുണ്ടോ വൈദര അഞ്ചേരി നോക്ക പ്രസ് കോൺഫറൻസിൽ അന്നുംnabla വിവരങ്ങളെ ഗവൺമെന്റ് പുറത്തു കൊടു. അതിഞ്ചോരപ്പെട്ടാണ്. അവിടെ ഈ आवेशക കമ്മിറ്റിക്കാർക്കൊന്നും ഒന്നും കേട്ടറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന്. ഇത് മലയാളം വീസായി ഹിന്ദിച്ചാണെന്നാണ്. 1 ലക്ഷം ഹിന്ദി ചാനലിനൊക്കെ യുദ്ധം നടക്കുന്ന ഈ ചാനലിന്റെ അകത്താണെന്ന് നോക്കി തോന്നുന്നു കാരണം ബേഡിയിൽ പോവുകയും സ്ക്രീൻ മുഴുവൻ ബേഡിയിൽ പോവുകയാണ് അത്രയും മലയാളത്തിൽ എന്നിട്ട് ഈ വ്യാജ വാർത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ വിവരദോഷികളെല്ലാം ആവേശിച്ചുകൊണ്ട് അവർക്ക് രോമാഞ്ചം വരുന്നു ആദ്യം മനസ്സിലാക്കിയത് വലിയൊരളവ് അസത്യമാണ് വെറുതെ പറയുന്നതാണ് ആൾക്കാർ ആവേശപ്പെടുന്നത് അങ്ങനെ ഈ സർക്കാർ പറയണ്ടേ സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ജനങ്ങളുടെ പെരുത്തുന്ന സർക്കാരിനല്ലേ ആവശ്യം വരും ഡിക്ലെയർ ചെയ്തിട്ടില്ല അങ്ങനെ സംഭവം വന്നിട്ടില്ല പിന്നെയാണ് യുദ്ധം നടക്കുന്നത് അതെന്താണ് അങ്ങോട്ടൊരടി അടിയിട്ട് ഇങ്ങോട്ടൊരടി തിരിച്ചങ്ങോട്ടൊരു ഏതായിരുന്നു ഇഷ്ടം അതായിട്ടില്ല ഇപ്പോഴും ഇത്രയും ആവേശം കാണിച്ചു കഴിഞ്ഞാൽ വാറിക്കഴിഞ്ഞാൽ ഇവനൊക്കെ ഹൃദയസ്തംഭന ഉറപ്പാണ് കുറെ ഉള്ളതിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല താങ്ങാൻ പറ്റത്തില്ല ആവേശം ബോധമില്ലാത്ത കുറെ മനുഷ്യൻ എന്ത് പറയാൻ ആ ശരി ഇത്രയും ബോധം മതി എനിക്ക് പോ